മലക്കുകളോട് ആദമിനെ അലേഹിസലാം സാഷ്ടാംഗം ചെയ്യുവാൻ നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക ഇബ്ലീസിനൊഴികെ എല്ലാവരും സാഷ്ടാംഗം ചെയ്തു അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു തൻറെ രക്ഷിതാവിന്റെ കൽപ്പന അവൻ ലംഘിച്ചു എന്നിട്ടും നിങ്ങൾ എന്നെ വിട്ട് അവനെയും അവൻറെ സന്തതികളെയും രക്ഷാധികാരികളായി സ്വീകരിക്കുന്നുവോ അവർ നിങ്ങൾക്ക് ശത്രുക്കളാകെയാണ് അക്രമികൾക്ക് എത്ര മോശമായ പകരമാണിത്